മ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയ ഒരാളുടെ വാർത്ത നിങ്ങളവർക്ക് ഓദിക്കേൾപ്പിക്കുക എന്നാൽ അവൻ അവയിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ പിശാജ് അവനെ പിന്തുടർന്നു അങ്ങനെ അവൻ വഴിപിഴച്ചവരിൽ ഒരാളായി മാറി